അതോ സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നീടതിനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണോ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാണോ അല്ലാഹു സുബഹാനഹു അറ്റാലയോടൊപ്പം വേറെ ദൈവമുണ്ടോ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങളുടെ തെളിവ് ഹാജരാക്കണമെന്ന് പറയുക